ം മുപ്പത്തിമൂന്ന് മനശവാഴ്ച തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ അമ്പത്തഞ്ച് സംവത്സരം എരുഷലേമിൽ വാണു യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേശതകളെപ്പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ തന്റെ അപ്പനായ യഹസ്ക്യാവ് ഇടിച്ചുകളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിത്തു ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു അശേരാ പ്രതിഷ്ഠകളും ഉണ്ടാക്കി ആകാശത്തിലെ സർവസൈന്യത്തെയും നമസ്കരിച്ച് ശേവിച്ചു യരുഷലേമിൽ എന്റെ നാമം ഇരിക്കുമെന്ന് യഹോവ അരുളി ചെയ്ത ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതൂ യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരം രണ്ടിലും അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതൂ അവൻ തന്റെ പുത്രന്മാരെ ബൻഹിന്നോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്ത് കോപിപ്പിച്ചു താൻ ഉണ്ടാക്കിയ അവൻ ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ആലയത്തെക്കുറിച്ചോ ഈ ആലയത്തിലും ഞാൻ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്ന എരുസലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്നും ഞാൻ മോശമുഖാന്തരം ഇസ്രയേലിനോട് കൽപ്പിച്ച സകല ന്യായ ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവർ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച ദേശത്തുനിന്ന് അവരുടെ കാൽ ഞാനിനി നീക്ക് കളകയില്ല എന്നും ദൈവം ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്തിരുന്നു അങ്ങനെ മനശേ യഹോവ ഇസ്രയേൽ പുത്രന്മാരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികൾ ചെയ്തതിലുമധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദയെയും യെരുശലേ നിവാസികളെയും തെറ്റുമാറാക്കി യഹോവ മനഷ്യോടും അവന്റെ ജനത്തോടും സംസാരിച്ചു എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല ആകയാൽ യഹോവ അശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി അവർ മനശെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബയിലേക്ക് കൊണ്ടുപോയി കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ ഹോവിയോട് അപേക്ഷിച്ചു തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു അവനവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും എരുസലേമിൽ അവന്റെ രാജ്യത്വത്തിന് തിരിച്ചുവരുത്തി യഹോവ തന്നെ ദൈവമെന്ന് മനസ്സയ്ക്ക് ബോധ്യമായി അതിന്റെ ശേഷം അവൻ ഗീഹോന്ന പടിഞ്ഞാറ് താഴ്വരയിൽ മീൻവാതിലിന്റെ പ്രവേശനം വരെ ദാവീദിന്റെ നഗരത്തിന് ഒരു പുറമതിൽ പണിതു അവനത് ഓഫേലിനു ചുറ്റും വളരെ പൊക്കത്തിൽ പണിയുകയും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിൽ സേനാധിപന്മാരെ പാർപ്പിക്കുകയും ചെയ്തു അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് അന്യദൈവങ്ങളെയും വിഗ്രഹത്തെയും യഹോവയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തിലും എരുശിലേമിലും താൻ പണിതിരുന്ന സകല ബലിപീഠങ്ങളെയും നീക്കി നഗരത്തിന് പുറത്ത് എറിഞ്ഞുകളഞ്ഞു അവൻ യഹോവയുടെ യാഗപീഠം നന്നാക്കി അതിന്മേൽ സമാധാനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും അർപ്പിച്ചു ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ സേവിപ്പാൻ യഹൂദയോട് കൽപ്പിച്ചു എന്നാൽ ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചുപോന്നു എങ്കിലും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്കെത്ര മനുഷ്യയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ തന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവനോട് സംസാരിച്ച ദർശകന്മാരുടെ വചനങ്ങളും ഇസ്രയേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവന്റെ പ്രാർത്ഥനയും ദം അവന്റെ പ്രാർത്ഥന കേട്ടതും അവൻ തന്നെത്താൻ താഴ്ത്തിയതിനു മുമ്പെയുള്ള അവന്റെ സകല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെ പണിയേയും അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദർശകന്മാരുടെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നു മനശ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവനെ അവന്റെ അരമനയിൽ അടക്കം ചെയ്തു അവന്റെ മകനായ ആമോൻ അവന് പകരം രാജാവായി ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ രണ്ട് സംവത്സരം എരിശിലേമിൽ വാണു അവൻ തന്റെ അപ്പനായ മനശ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തന്റെ അപ്പനായ മനശ്ശുണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്കും ആമോൻ ഴിച്ച് അവയെ സേവിച്ചു തന്റെ അപ്പനായ മനസ്സന്നെത്താൻ യഹോവയുടെ മുമ്പാകെ താഴ്ത്തിയതുപോലെ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല ആമോൻ മേൽക്കുമേൽ അകൃത്യം ചെയ്തതേയുള്ളൂ അവന്റെ കൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ അവന്റെ അരമനയിൽ വെച്ച് കുന്നുകളഞ്ഞു എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെയൊക്കെയും കുന്നുകളഞ്ഞു ദേശത്ത് ജനം അവന്റെ മകനായ യോഷിയാവെ അവന് പകരം രാജാവാക്കി